കബട വിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും സത്യവിശ്വാസികളോട് പറയുന്ന ദിവസം ഞങ്ങളെ ഒന്ന് കാത്തിരിക്കൂ നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ചു പ്രകാശം നൽകൂ അവർക്ക് പറയപ്പെടും നിങ്ങൾ നിങ്ങളുടെ പിന്നിലേക്കും അടങ്ങിപ്പോയി പ്രകാശം അന്വേഷിക്കൂ അങ്ങനെ അവർക്കിടയിൽ ഒരു മതിൽ നിർമ്മിക്കപ്പെട്ടു അതിനൊരു വാതിലുണ്ട് അതിന്റെ ഉൾഭാഗത്ത് കാരുണ്യവും പുറംഭാഗത്ത് ശിക്ഷയുമുണ്ടായിരിക്കും